ഈ വേദപുസ്തത്തിൽ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന പലരുണ്ട് അവർ വന്ന് ചോദ്യം ചോദിക്കും ചോദ്യം ചോദിക്കുമ്പോൾ യേശു മറുപടി പറയുന്നു നമ്മൾ ഇപ്പോൾ ഒരു പ്രമാണിയെക്കുറിച്ച് വാ വായിച്ച് നമ്മളൊരു ന്യായശാസ്ത്രയെക്കുറിച്ച് വായിച്ച് നമ്മൾ ഇവിടെ ഈ മർക്കോസ് പത്തിൽ നമുക്കൊരു നമുക്കറിയാം ഒരു യുവപ്രമാണി യുവപ്രമാണി യേശുവിൻ്റെ അടുക്കൽ വന്ന് ധനവാനായ യുവപ്രമാണി മർക്കോസ് പത്തിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പതിനേഴാം വാക്യം അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് മുമ്പിൽ മുട്ടുകുത്തി നല്ല ഗുരു നിത്യജീവനെ അക അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു താല്പര്യം ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതി കണ്ടാൽ അദ്ദേഹത്തിന് എത്രയധികം താല്പര്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് തോന്നുന്നത് അദ്ദേഹം യേശുവിൻ്റെ അടുത്ത് മെല്ലയല്ല വന്നത് അദ്ദേഹം യേശുവിൻ്റെ അടുത്ത് ഓടി യേശുവിൻ്റെ അടുത്ത് ഓടി വന്നിട്ട് അദ്ദേഹം പിന്നെ അവിടെ നിൽക്കുകയല്ല യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹം മുട്ടുകുത്തി എന്നിട്ട് നല്ല ഗുരു നിത്യജീവകനെ അവകാശമാക്കുക ഞാൻ എന്ത് ചെയ്യണം എന്നവനോട് ചോദിച്ചു നമുക്ക് ആ ഭാഗം നമുക്കറിയാവുന്നതാണ് ഇത്രയധികം ബാഹ്യമായ ഒരു തീവ്രത അദ്ദേഹം കാണിച്ചു കാണിച്ചു കഴിഞ്ഞപ്പോൾ കാണിച്ചിട്ട് അതിനെ തുടർന്ന് യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു ഒരു കുറവ് അതിനെക്കൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ കുറവ് കാണാനോ അത് അനുസരിക്കാനോ അവന് താല്പര്യമില്ലായിരുന്നു പ്രിയ സൗരുസവരും മതി നമ്മൾ ഏറ്റവും നല്ല ദൈവവചനം കേൾക്കുന്ന ഒരു സഭയിലാണ് നമ്മളിരിക്കുന്നത് നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ വളരെ ഉത്സാഹം കാണിച്ച് മീറ്റിങ്ങിന് വരാൻ ഇത് കേൾക്കാൻ ഇത് ഉത്സാഹം കാണിക്കുമ്പോഴും നമ്മുടെ ഈ ബാഹ്യമായ ഉത്സാഹത്തിൽ നിന്ന് നമുക്ക് ഇതെല്ലാം കേട്ട് അനുസരിക്കാൻ നമുക്കൊരു താല്പര്യമുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട് ഇവിടെ എത്ര നല്ല രീതിയിലാണ് യേശുവിനെ സംബോധന ചെയ്യുന്നത് യേശുവിൻ്റെ അടുത്ത് ഓടി വരുന്നു അടുത്ത് മുട്ടുകുത്തുന്നു പക്ഷേ അവർ ദുഃഖത്തോടെ യേശു ദുഃഖത്തോടെ നോക്കി അവൻ അവിടെ നിന്ന് മാറിപ്പോവുകയായിരുന്നു ഉണ്ടായത് ഞങ്ങൾ കഴിഞ്ഞ ഈ ബുധനാഴ്ച സാവൻ്റെ വീട്ടിൽ വെച്ചൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു ആ പ്രാർത്ഥന നടക്കുന്ന നടക്കുമ്പോൾ സാഹുഹൃതർ ഈ ലൂക്കോസ് പത്താം അധ്യായത്തിനുള്ള ചില വാക്യങ്ങൾ വായിക്കുകയായിരുന്നു ലൂക്കോസ് പത്താം അധ്യായത്തിൽ നിന്ന് വായിച്ചപ്പോൾ അവിടെയും ഒരു ന്യായശാസ്ത്രി ഇരുപത്തിയഞ്ചാം വാക്യം പത്താം അധ്യായം ലൂക്കോസ് പത്താം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ് ഗുരോ ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണം എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു അപ്പോൾ ഇദ്ദേഹത്തിനും ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് നല്ല ഗുരു എന്നൊക്കെ ഐ മീൻ എഴുന്നേറ്റ് ഞാൻ നിത്യജീവൻ ആകുവാൻ ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ് ഗുരു ഗുരുവോ എന്നാണ് പറയുന്നത് ഞാൻ നിത്യജീവന് തീരുവാൻ എന്ത് ചെയ്യണം എന്നവനെ പരീക്ഷിച്ച് ചോദിച്ചു അപ്പോൾ അതിന് അവനവനോട് ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ അവിടെ കർത്താവ് പറയുന്നു നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് തന്നെ ഉത്തരം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് അവനോട് പറഞ്ഞു നീ എന്താ നീ ചോദിച്ചതിങ്ങനെയായിരുന്നല്ലോ എന്ത് ചെയ്യണം എന്നാ ചോദിച്ചത് പക്ഷേ അത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് അവനോട് പറഞ്ഞു അവൻ അവനോട് നീ പറഞ്ഞ ഉത്തരം ശരിയാണ് നിന്റെ ചോദ്യം നല്ലതാണ് നിന്റെ ഉത്തരം ശരിയാണ് പക്ഷേ അവനോട് നീ പറഞ്ഞ ഉത്തരം ശരി അങ്ങനെ ചെയ്യുക എന്നാൽ നീ ജീവിക്കും അങ്ങനെ ചെയ്യുക എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു എന്നിട്ട് അവൻ വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു കൂട്ടുകാരനാർ അതിനെ തുടർന്ന് അവിടെ രണ്ട് ഉപമ യേശു പറയുന്നുണ്ട് അപ്പോൾ ബ്രദറ് പറയായിരുന്നു അവിടെ കർത്താവ് പറഞ്ഞത് നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ കൂടെ സ്നേഹിക്കണം എന്നത് മനസ്സിലാക്കാനായിട്ട് അവിടെ മറിയയുടെയും ഉപമ പറഞ്ഞു വാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാൽ മറിയ അവൾ കർത്താവിൻ്റെ പാദത്തിലിരുന്ന് കർത്താവിനെ സ്നേഹിക്കുന്ന നല്ല അംശം തിരഞ്ഞെടുത്ത കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ സ്നേഹിക്കുന്ന ഒരുവളായിരുന്നു അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരനെ എന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞെടുത്ത് തൻ്റെ സ്വന്തം ഇഷ്ടം സ്വന്തം താല്പര്യങ്ങൾ ത്യജിച്ച് അവിടെ ഒരു ആവശ്യം വന്നപ്പോൾ താൻ പോകുന്ന വഴിയിൽ നിന്ന് നിർത്തി ഇതാ ഒരു നല്ല ശമര്യക്കാരൻ അവൻ വഴിപോകയിൽ മനസ്സലിഞ്ഞ് മറ്റവന് ഒരു മുറിവേറ്റു കിടന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ഉത്തരവാദിത്വം എടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തി ഒരു ശമര്യക്കാരൻ അപ്പോൾ ഈ രണ്ട് ഉപമകളും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറയുകയായിരുന്നു അപ്പോൾ ഞങ്ങളതിനെ തുടർന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഇങ്ങനെയും ഇങ്ങനെയും കൂടെ ചിന്തിക്കുകയുണ്ടായി അതായത് അവിടെ ഇരുപത്തിയാറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ന്യായ എന്തെഴുതിയിരിക്കുന്നു എന്ന് ചോദിച്ചു എന്തെഴുതിയിരിക്കുന്നു എന്ന് ചോദിച്ചു എന്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം അദ്ദേഹത്തിന് അറിയാമായിരുന്നു നമുക്കും അറിയാം അത് അങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് കറക്റ്റായിട്ടുള്ള ചോദ്യം പക്ഷേ യേശു എന്തെഴുതിയിരിക്കുന്നു അപ്പോൾ അവൻ അവനോട് യേശു അവനോട് ചോദിക്കുന്നത് ന്യായ പ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു നീ എങ്ങനെ വായിക്കുന്നു നീ എങ്ങനെ വായിക്കുന്നു ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നമ്മെ സംബന്ധിച്ചോളം ബ്രദർ പാപത്തിൻ്റെ ഒരു നിർവചനത്തെക്കുറിച്ച് പറയുകയുണ്ടേ നമുക്ക് ഈ വഴിയിൽ മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു നമ്മൾ ദൈവവചനത്തിൽ നിന്ന് പല കാര്യങ്ങൾ കേൾക്കുന്നു ഇവിടെ കേൾക്കുന്നു എന്നാൽ കേൾക്കുന്നത് നമുക്ക് ദൈവവചനം പല പലതും അറിയാം നമുക്ക് നല്ല ആഗ്രഹങ്ങളുണ്ട് നല്ല ചോദ്യങ്ങളുണ്ട് എന്നാൽ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലാണോ നമ്മളത് മനസ്സിലാക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലാണോ നമ്മളതിനോട് പ്രതികരിക്കുന്നത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് കർത്താവ് പറയുമ്പോൾ ആ ഒരു മനോഭാവത്തോടെയാണോ നമ്മൾ നിൽക്കുന്നത് നമുക്ക് ഈ കാര്യം നമ്മൾ ഗൗരവമായി എടുക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു ഞാൻ എൻ്റെയും ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ വളരെ നല്ല സത്യങ്ങളാണ് ഇവിടെ കേൾക്കുന്നത് എന്നാലിത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഇതും പോകണം ഞാൻ എൻ്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഈ കാര്യങ്ങളുമായിട്ട് പോകണം അവിടെ ഞാൻ ഈ ഒരു മനോഭാവം ഞാൻ പുലർത്തണം കർത്താവേ ഞാനാണ് കുറവുള്ളവൻ എൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് കാണാനും എന്നെ തന്നെ താഴ്ത്താനും അങ്ങനെയുള്ളൊരു മനോഭാവം ഞാൻ നമ്മൾ വെച്ച് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലത് കൂടുതൽ യാഥാർത്ഥ്യമായി തീരുന്നത് ഞാനും എൻ്റെ ജീവിതത്തിലുള്ള എൻ്റെ വീട്ടിൽ അതുപോലെ പല പല സാഹചര്യങ്ങളിൽ സഭയുടെ ബന്ധത്തിൽ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ പല സാഹചര്യങ്ങൾ കാണാറുണ്ട് ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല അല്ലെങ്കിൽ പല പ്രാവശ്യം പറയുന്നു എന്നിട്ടും കാര്യങ്ങൾ ശരിയാവുന്നില്ല ശരിയാവുന്നില്ല എന്ന് പറയുമ്പോൾ അത്രയും ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ടും എന്താ ശരിയാകാത്തത് എന്നാൽ അതിനപ്പുറത്ത് ഒരു നുറുക്കത്തിൻ്റെ ആത്മാവോടെ കർത്താവെ എനിക്ക് വേണ്ടുവണ്ണം ഈ കാര്യത്തിന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റിയില്ലല്ലോ വേണ്ടുവണ്ണം കർത്താവെ എനിക്കൊരു മാതൃകീകരിക്കാനായിട്ട് പറ്റിയില്ലല്ലോ വീണ്ടും വീണ്ടും ആ ഒരു ആ ഒരു ഒരു മനോഭാവത്തിലേക്ക് വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഞാൻ സാക്ക് ബ്രദറിൻ്റെ ഏതൊരു സന്ദേശം കേട്ടപ്പോൾ ഒരു സമയത്ത് ബ്രദർ പ്രകാരം പറയുകയായിരുന്നു ചില മാതാപിതാക്കൾ അവരുടെ മക്കളെ കൊണ്ടുവന്ന് അവരൊരു പക്ഷേ ദൈവത്തിൽ ഒക്കെ പോകുമ്പോൾ അവരെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞ് എൻ്റെ അടുത്ത് കൊണ്ടുവരും എൻ്റെ അടുത്ത് കൊണ്ടുവരാനായിട്ട് പറയുമ്പോൾ ഞാൻ അവരോട് ആദ്യം ഞാൻ അവരോട് പറയും ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ അവൻ അവൻ വൃദ്ധനാകുമ്പോഴും അത് വിട്ടുമാറുകയില്ല എന്നാണ് ദൈവവാചനം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ കുറവിനെ നിങ്ങൾ സമ്മതിക്കണം നിങ്ങൾ അക്നോളജ് ചെയ്യണം ദൈവത്തിന് മുമ്പാകെ നിങ്ങൾ താഴ്ത്തണം നിങ്ങൾ അതായത് അവൻ വളർന്നു വരുന്ന സാഹചര്യത്തിലെ സമ്മർദ്ദം വളരെ കൂടുതലായിരുന്നു അതുകൊണ്ട് അവൻ അങ്ങ് തെറ്റിപ്പോയി അവൻ്റെ കൂട്ടുകാരൊക്കെ ആ സാഹചര്യം അങ്ങനെയായിരുന്നു അതുകൊണ്ട് അങ്ങ് തെറ്റിപ്പോയി ഇങ്ങനെയുള്ള എക്സ്ക്യൂസുകളൊന്നും പറയാതെ കർത്താവെ ഞാൻ എനിക്ക് കർത്താവെ ശരിയാവണ്ണം ചെയ്യാൻ പറ്റിയില്ല കർത്താവെ ഞാൻ തെറ്റിപ്പോയി എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തി ഒരു വിരൽ ചൂണ്ടലില്ലാതെ ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയോ ഒന്നും വിരൽ ചൂണ്ടാതെ ഞാനാണ് കുറ്റക്കാരൻ എന്ന് നിങ്ങൾ സമ്മതിച്ച് നിങ്ങൾ ആ ഒരു മനോഭാവത്തെയാണ് ഞാൻ പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും ദൈവം കുഞ്ഞിൻ്റെ ജീവിതത്തിലൊരു മാറ്റം വരുത്തട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാം എന്ന് അദ്ദേഹം ഞാൻ ഈ കഴിഞ്ഞയുടെ കേട്ട ഒരു സന്ദേശത്തിൽ ഞാൻ എപ്രകാരം കേൾക്കുകയായിരുന്നു അപ്പോൾ ഞാനും ചിന്തിക്കുകയായിരുന്നു എൻ്റെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാണുമ്പോൾ കർത്താവിന് ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമുക്ക് നമുക്ക് ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നത് ഇങ്ങനെയൊരു താഴ്മയോടെ നുറുക്കത്തോടെ കർത്താവെ അങ് പ്രവർത്തിക്കണം എന്ന് പറയുമ്പോൾ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മുടെ സ്വഭാ ജീവിതത്തിൽ കർത്താവിന് പ്രവർത്തിക്കാനായിട്ട് കഴിയും നമ്മളൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നു നമുക്കൊക്കെ ഈ കാര്യത്തിൽ കുറവുള്ളവരാണ് നമുക്ക് ദൈവം ആവശ്യമായിട്ടുള്ള വെളിച്ചം തരട്ടെ നമ്മെക്കുറിച്ചുള്ള വെളിച്ചം നമുക്കുള്ള ബാഹ്യമായ താല്പര്യത്തിനും ഉത്സാഹത്തിനും അപ്പുറത്ത് ഈ കാര്യങ്ങളിൽ കർത്താവ് എനിക്ക് ശരിയാവണ്ണമുള്ള കർത്താവെ ഒരു ഒരു ഇതനുസരിക്കണം എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള താൽപ്പര്യക്കുറവ് ഞാൻ കാണുന്നു എന്നെ സഹായിക്കണമേ കർത്താവെ ഞാൻ കർത്താവെ അങ്ങയുടെ മുമ്പിൽ ആ രീതിയിൽ ആഗ്രഹത്തോടെ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ദൈവം മുൻപാകെ ദൈവം തീർച്ചയായിട്ടും നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സഭയിലും ദൈവം വ്യത്യാസം വരുത്തട്ടെ ആമേ